മന്ദസ്മൃത <tursus> ശ്രീമുഖേസ്യമീതീശ്വരസമാരംഭ <turs> <turs> <turs> <turs> സ <re bekannt usion> <broadband suspense> യേ അതി മേ വിജി മതസ്ഥാസിതേതി മതി ഭഗവോ വിജിജ്ഞാസ മനനം തർക്കമാണ് അതും പറയുന്നു മന്തവ്യവിഷയെ ആദര മനനം ചെയ്യേണ്ട വിഷയത്തിലുള്ള ശ്രദ്ധ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ മനനം ചെയ്താൽ പോലെ അത് ശ്രദ്ധയോടുകൂടിയായിരിക്കണം യഥാവി മനത്തെ അത് അഭിജാനാതി മനനം ചെയ്താൽ അറിയാൻ കഴിയും നാമത്വ അഭിജാനാദി മനനം ചെയ്യാതെ അറിയില്ല മതസ്ഥാസി മനനം അതെന്താണെന്ന് നീ അറിയണം നാട് പറയുന്നു മതി ഭഗവോ വിജയി ശരി മനനത്തെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു മനനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു കാരണം ശാസ്ത്രമെല്ലാം പഠിച്ചിട്ടും എന്തുകൊണ്ട് താത്പര്യം ഗ്രഹിച്ചില്ല എവിടെയൊക്കെയാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത് ഒരു കാരണം പറയുന്ന ഒന്ന് മനന ശരിയായില്ല മനന ശരിയായാലേ അറിയാൻ കഴിയും മനനം എന്തുകൊണ്ടാണ് ശരിയാകാത്ത പറയുന്നു അടുത്ത് യഥാപൈ ശ്രദ്ധാതീ അധമനെ അശ്രദ്ധൻ മനുതേ ശ്രദ്ധദേവ ജിജ്ഞാസിക്യബുദ്ധി ശ്രദ്ധ മനനം കൊണ്ട് വിജ്ഞാനം വരണം ശ്രവിക്കുന്നു േദാന്തം പക്ഷേ അതിനപ്പുറം മനനത്തിലേക്ക് പോകുന്നില്ല കാരണം ശ്രവണത്തിൽ നിന്ന് കിട്ടിയ അറിവ് അത് തത്വജ്ഞാനമായാലും ഉപാസന ആയാലും ബന്ധം മോക്ഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അതിന് ശ്രദ്ധ വേണ്ടേ ആസ്തിക്ക് ബുദ്ധി വേണ്ടേ അത് സത്യമാണെന്നുള്ള ബോധം അതാണ് കേവലും വിശ്വാസമുണ്ട് ശ്രദ്ധയ്ക്ക് ആസ്തിക്യബുദ്ധി എന്ന് പറയുന്നത് അത് പരമാർത്ഥമാണ് സംസാരം അസാരമാണ് ഇതിൽ നിന്ന് മോചന സാധ്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ സത്യമാണെന്നുള്ള ബോധം ശ്രമത്തിൽ നിന്നും ആത്മാവ് അനാത്മാവിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കി പക്ഷെ മൊക്ഷ മുക്തി പരമാർത്ഥമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെറുകൾ തന്നെ മനസ്സിലാക്കുന്നതിന് ശ്രദ്ധയില്ലെങ്കിൽ അപ്പൊ സത്യമാണെന്ന് ബോധമില്ലെങ്കിൽ ഞാരാ മനനം ചെയ്യുന്നു പിന്നീട് മനനമില്ല വിജ്ഞാനമില്ല അത് വരും വേദത്തിൽ ശ്രദ്ധയുള്ളവരെയൊക്കെ അസ്തികന്മാരെന്ന് പറയും പക്ഷേ ആസ്തികന്മാരിൽ തന്നെ പരലോകത്തിൽ ശ്രദ്ധയുള്ളവരുണ്ട് പരലോകത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അതുണ്ടെന്ന് കരുതുന്നവരുണ്ട് അവർക്ക് ആത്മാവിന് ശ്രദ്ധയില്ലാത്തവരുണ്ട് വൈദികന്മാരുടെ ആസ്തിക്യം തന്നെ പലതരത്തിലാണ് കർമ്മത്തിൽ ശ്രദ്ധയുള്ളവർക്ക് തത്വജ്ഞാനത്തിൽ ശ്രദ്ധയില്ല ഇനി അങ്ങനെ ഉള്ളതിൽ തന്നെ ആ വേദാന്തത്തിൽ ശ്രദ്ധയുള്ളവർ തന്നെ പലതരത്തിലാണ് എത്തിക്കുന്നു അദ്വൈതം ദ്വൈതം പലതരത്തിൽ പോകും ഓരോന്നിനും ഓരോരുത്തർക്ക് ശ്രദ്ധ അദ്വൈതത്തിൽ ശ്രദ്ധയുള്ളവർ ആവഴിക്കും അദ്വൈതത്തിലാണ് ശ്രദ്ധയെങ്കിൽ ആവഴിക്കുമോ ഒരു മാർഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ മനനം വിജ്ഞാനം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ശ്രദ്ധ വേണം അസത്യമാണെന്നുള്ള ബോധം അതുകൊണ്ട് ആ ശ്രദ്ധയെ നീ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് എന്താണ് ശ്രദ്ധ ഏതിനാണ് ശ്രദ്ധ വേണ്ടത് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ശ്രോതാവെന്ന് ശ്രദ്ധയുമ്പോൾ അദ്വൈത തത്വത്തെ എങ്ങനെയാണോ ശ്രദ്ധ നിർദ്ദേശിക്കുന്നത് അത് സത്യമാണെന്നുള്ള ബോധം പറഞ്ഞു ആ ബോധത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും അത് എങ്ങനെയാ ബോധം വരും കേവലം വിശ്വാസത്തെ ആശ്രയിച്ച് കഴിയും ഇവിടെ യുക്തി അനുഭവം രണ്ടുമായിട്ട് ഒത്തുപോകണം യുക്തി അനുഭവം എങ്ങനെ അത് ജാഗ്രത സ്വപ്ന സുഷൃത്തികളുടെ അനുഭവമുണ്ട് ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനം ആ യുക്തി അതിലൂടെ ഒരാൾക്ക് ബോധ്യം വരണം മാണ്ഡുക്യത്തിലും മറ്റും വിശദീകരിക്കുന്നു യുക്തി അനുഭവത്തെയും വിശീകരിച്ചുകൊണ്ട് അത് വിധത്തിൽ ആണെന്ന് ശരിയെന്ന് ബോധ്യം വരണം കേവല വിശ്വാസമല്ല കേവല വിശ്വാസത്തിൽ സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ബോധ്യപ്പെട്ടിട്ടല്ല വിശ്വാസം നീ പറയാൻ പറ്റുമോ വേദം അസത്യം പറയില്ല എന്നുള്ളൊരു വിശ്വാസം ഇവിടെ യുക്തിക്കും അനുഭവത്തിനും ഒന്നും ചെയ്യാനില്ല കാരണം മരണശേഷമുള്ള സ്വർഗത്തെ കുറിച്ചെന്ത് അനുഭവമാ എന്ത് യുക്തിയോ ഒന്നുമില്ല അത് ഒരു ആസ്തിക്യബുദ്ധിയാണ് ശ്രദ്ധയാണ് അതല്ല ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അനുഭവവും സ്വന്തം വ്യക്തിയും അതിനനുസരിച്ച് ഈ പറയുന്ന ബന്ധമോക്ഷങ്ങളുടെ സ്വഭാവം ഇന്നതാണോ എന്ന് അസത്യമാണോ എന്ന് ബുദ്ധിയിൽ ഉറപ്പിക്കുക അതാണ് ചെറുത് ആസിക്ക് ബുദ്ധി അതുണ്ടെങ്കിലേ മനണം സാധ്യമാകും അങ്ങനെ വിശ്വാസം വരത്തില്ല യഥാ വൈശ്വരദാദി എപ്പോഴാണോ ആ ആസ്ഥിക്ക് ബുദ്ധി വരുന്നത് അഥവാ മനതേ അപ്പൊ മനനം അതാണ് ഈ അദ്വൈതം മറ്റും ശ്രവിക്കുന്നവരെ തന്നെ അവർ ഉപേക്ഷിക്കും കാരണം അത് കൂടുതൽ അത് മനനത്തിനൊന്നും പോകത്തില്ല ശ്രവണ ആവർത്തിച്ചാൽ അത് മനനമാണ് പ്രത്യേക പരിപാടിയുടെ ആവശ്യം ശ്രവണം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മനനം തന്നെ അപക്വുമതി അത്രയും ബുദ്ധി സൂക്ഷ്മത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ഈ പറയുന്ന ആസ്തിക ബുദ്ധി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ശ്രവണത്തിന്റെ ആവർത്തി അത് തന്നെ മനതേ വീണ്ടും മനനം ചെയ്യുന്നു സ്വർണം ആവർത്തിച്ചാൽ മതി ശ്രദ്ധയില്ലെങ്കിൽ ആസ്തിക ബുദ്ധി ഇല്ലെങ്കിൽ വീണ്ടും മനനമില്ല നമ്മൾ അവസാനിപ്പിക്കുക ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ശ്രദ്ധ ദേവ മനതേ ശ്രദ്ധയോടുകൂടിയ മനനം സാധ്യമാകൂ ശ്രദ്ധാത്ത അതുകൊണ്ട് എന്താണ് ശ്രദ്ധ എങ്ങനെയാണ് ശ്രദ്ധ അത് അറിയണം ഇവിടെ ബന്ധമോക്ഷങ്ങളുടെ സ്വരൂപത്തെ എങ്ങനെയാണ് ശാസ്ത്രം വെളിപ്പെടുത്തുന്നത് അതിലുള്ള ശ്രദ്ധ എന്താണ് ബന്ധം എങ്ങനെയാണ് ബന്ധം നിവൃത്തി മോക്ഷം എന്താണ് മോക്ഷത്തിന്റെ സ്വരൂപം എന്താണ് മോക്ഷത്തിന്റെ ഉപായം തുടങ്ങിയ കാര്യങ്ങൾ ഇത് ശ്രവണത്തിനിന്ന് ധരിച്ച് അത് സത്യമാണ് എന്നുള്ള ബോധ്യം ഇതിവിടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പറഞ്ഞതെന്ന് മനസ്സിലായി ചില മനനങ്ങളൊക്കെ ഇത്തരത്തിലാണ് ഇനി അത് സത്യമാണെന്നുള്ള ബോധം ശ്രദ്ധ വിജിജ്ഞാസ പറയുന്നത് ഞാൻ ശ്രദ്ധ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ശ്രദ്ധയെ സ്വീകരിച്ച് സത്യത്തെ ഗ്രഹിച്ച് ശ്രവണ മനനങ്ങളിലൂടെ വിജ്ഞാനത്തിൽ എത്തിച്ചേരാം ആ മാർഗത്തെ വ്യക്തമായി കൊടുക്കുകയാണ് ഉപാസന എന്നതുപോലെ തന്നെ ഉപാസനയെ സംബന്ധിച്ച് ഇതൊക്കെ ആവശ്യമാണ് ഉപാസന എന്താ ഏതൊന്നിനെ സംബന്ധിച്ച് ശ്രവണ മനനങ്ങൾ ആവശ്യമാണ് ആധ്യാത്മികമായ സന്ദർഭത്തിൽ ഇവിടെ പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചുള്ള ശ്രവണ മനനങ്ങൾ അതിലൂടെയാണ് അശോകം നിവൃത്തി സംഭവിക്കേണ്ടത് എന്നുള്ള വഴിയെ കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞാലോ അടുത്ത ഉപായത്തെ കുറിച്ച് പറയുന്നു യഥാവതി നിഷ്ട്രാസിതേതിഷ്ഠ ഗുരുശുശ്രൂഷാദി തത്പരത്വം ബ്രഹ്മവിജ്ഞ നിഷ്ഠെന്ന് പറയുന്ന ഗുരുശുശ്രൂഷ ഗുരു ശുശ്രൂഷ ആദി എന്ന് പറഞ്ഞ മുതലായവ എന്തിനാ ഗുരുവനെ ശുശ്രൂഷിക്കുന്നത് ശ്രവണാതി സാധനങ്ങൾക്ക് വേണ്ടിട്ടാണ് പണം പ്രത്യേകിച്ചും അന്ന് ഇന്നത്തെ പോലെ റെക്കോർഡിംഗ് ഒന്നും ഇല്ലാതിരുന്ന കാര്യം റെക്കോർഡ് ചെയ്താൽ അവനവന്റെ തലച്ചോറിൽ റെക്കോർഡ് ചെയ്യണം വേറെ ചെയ്യാൻ പറ്റും വന്നത്തെ കാലത്ത് ഗുരുവിന്റെ സാമീപ്യത്തിൽ ഇരുന്നാലേ പറ്റും ശ്രവണ സാധ്യമാവും അതുകൊണ്ടാണ് ഈ ശ്രവണത്തിനുള്ള ഇത്രയും വലിയ പ്രാധാന്യം ഒരു കാലത്ത് എഴുതി വായിക്കുന്ന രീതി പോലും ഇല്ലായിരുന്നു ആ സമയത്താണ് ഈ വേദവും ഉപനിഷത്വം എല്ലാം ആവിർഭവിച്ചത് അപ്പൊ ഗുരുവിന്റെ സമീപത്തിലിരുന്നേ ശ്രമിക്കാൻ പറ്റും ഗുരുവിന്റെ സമീപത്തെ തന്നെ കഴിയും അപ്പൊ അത് ഗുരു ശുശ്രൂഷ സാമീപ്യവാസം അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ് ഗുരു ശുശ്രൂഷ ഗുരുവിന്റെ സന്തോഷത്തിന് വേണ്ടി ശിഷ്യന്റെ അധികാരിത്വത്തിൽ ഉള്ള ഗുരുവിന്റെ തൃപ്തി അതിന് വേണ്ടിയിട്ടാണ് ഗുരു ശുശ്രൂഷ ഗുരു ശുശ്രൂഷാദി ശ്രവണ മനോദികൾ അതുംപോലെന്താണ് തത്പരത്വം അതിൽ തുടർന്നിരിക്കണം ഇവിടെ ഒന്ന് പറഞ്ഞ രീതിയിൽ മനനശ്രദ്ധയോടുകൂടി അതിൽ തുടർന്നിരിക്കണം എന്തിനു വേണ്ടി എന്തെങ്കിലും ശ്രവിച്ചാലും പോലെ ബ്രഹ്മവിജ്ഞാനായ ഇതെല്ലാം ഇവിടെ ശ്രുതി പറയുന്ന തരത്തിലുള്ള ബ്രഹ്മവിജ്ഞാനത്തിന് വേണ്ടിയായിരിക്കണം എല്ലാം അപ്പം നിഷ്ഠാന്നുറുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടും ഗുരുവിന്റെ സമീപത്ത് കഴിയുക ഗുരുവിന് സേവയും പറ്റും ചെയ്ത് തന്റെ അധികാരിത്വത്തെ സമർത്ഥിക്കുക ശ്രവണാദികൾ വളരെ താൽപ്പര്യം അതനുഷ്ഠിക്കുക മൂക്ഷത്വം ഉണ്ടായിരിക്കണം ഇതെല്ലാം ബ്രഹ്മവിജ്ഞാനത്തിന് വേണ്ടിയാണ് ഇവിടെ പറയുന്ന ഭൗമ എന്ന് പറഞ്ഞ് പറയുന്ന തരത്തിലുള്ള ബ്രഹ്മവിജ്ഞാനം മറ്റേ വിജ്ഞാനത്തെ പരാമർശിക്കുന്നുണ്ട് ഇതിനെ തന്നെ ആത്മനിഷ്ഠം പറയും നാരദിനെ സംബന്ധിച്ച് എന്താണോ ഒരു ശാസ്ത്രം വിട്ട് ശാസ്ത്രത്തിലേക്ക് പോയി അത് വിട്ട് പോയി സർവ്വശാസ്ത്രങ്ങളും ഗ്രഹിക്കണമെന്നുള്ള ഒരു ജിജ്ഞാസ അത് ബ്രഹ്മവിജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ എന്താ ഓരോ ശാസ്ത്രങ്ങളിലേക്ക് പോയാൽ അതാത് ശാസ്ത്രത്തിന്റെ വിഷയമല്ലേ ഗ്രഹിക്കാൻ ഇവിടെ ശാസ്ത്രം കൂടിയ ദിവരുന്നുണ്ട് ശ്രവണ മനനം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രമാണ് ശാസ്ത്രമില്ലാതെ ചെറുവണം മനന അത് ബ്രഹ്മവിജ്ഞാനത്തിനുള്ള ശാസ്ത്രം മതി ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ല ബാക്കിയുള്ള അനാത്മശാസ്ത്രങ്ങൾ എന്ന് പറയും ഉപേക്ഷിക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്ര ജിജ്ഞാസ വളരെ കൂടുതലായിരുന്നു അറിയണം എന്നാ അറിയണം എന്നാഗ്രഹിക്കണം അതുകൊണ്ട് സർവശാസ്ത്രങ്ങളുടെയും പിറകെ പോയി ഭൂതവിദ്യ നക്ഷത്ര വിദ്യ ആ വിദ്യ ഈ വിദ്യ എന്ന് പറഞ്ഞ എല്ലാത്തിന്റെയും പേർ പോയി അതൊന്നും ബ്രഹ്മവിജ്ഞാനത്തിന് വേണ്ടിയില്ല അവിടെയാണ് കൗരാൽ സമ്പോസ് പാണ്ഡിത്യം ഇവിടെ പറയുന്ന തരത്തിലുള്ള ബ്രഹ്മവിജ്ഞാനായ ബ്രഹ്മവിജ്ഞാനത്തിനത് ഉപകരിക്കത്തില്ല ഇവിടെ നിഷ്ഠ എന്ന് പറയുന്നത് അവിടെയാ വേണ്ടത് എന്നാ ഇതെല്ലാം അദ്വൈതത്തെ സംബന്ധിച്ചാണ് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നവർക്ക് അതിന് നിഷ്ഠ വേണം അത് സാമാന്യമായി പറയുന്നു ഒരാൾ ജപിക്കുന്നു അയാൾക്ക് അതിൽ നിഷ്ഠ വേണം ഒരാൾ ധ്യാനിക്കുന്നു ശീലിക്കുന്നു അതിന് നിഷ്ഠ വേണം ഒരാൾ കർമ്മമനുഷ്ഠിക്കുന്നു അതിന് നിഷ്ഠ വേണം ഇവിടെ അതെല്ലാം കഴിഞ്ഞു അത്തരം പണികളെല്ലാം കഴിഞ്ഞു സർവ വിദ്യകളും ഗ്രഹിച്ച ആളാണ് പക്ഷേ ഇവിടെ പറയുന്ന തരത്തിലുള്ള അദ്വൈതാത്മഞാണ് അതിനു വേണ്ടിയിട്ടുള്ള നിഷ്ഠ അത് വേണം തുപ്പരത്തും അപ്പോൾ ഗുരുവിന്റെ സമീപത്തിൽ നിരന്തരം ഇതിൽ മുഴുകുക അതാണ് അപ്പോ അതിന് കഴിയുന്നില്ലല്ലോ എന്നാണ് അതിന് യോഗ്യതയില്ല കഴിയുന്നതിന് മുഴുകുക അത്രയും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാത്ത കാര്യമായിരിക്കും കാരണം നമ്മളെ സംബന്ധിച്ച് വ്യവഹാരങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത് കർമ്മത്തിൽ ഈ പറയുന്ന ശ്രവണാദിയിൽ നിഷ്ഠ വരുന്നില്ല എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല കാരണം അത് യോഗ്യതയില്ല അത്ര ഏതാണോ അർഹമായത് അതിന് മുഴുവൻ അത്ര പക്ഷെ ബ്രഹ്മവിജ്ഞാനത്തിന് ഇത് വേണം അദ്വൈതാത്മ ഇവിടെ സനത്കുമാരൻ ഉപദേശിക്കുന്ന രീതിയിലുള്ള നിഷ്ഠ കൂടിയു പൊതുവെ ഈ ശ്രവണാദി സാധനകളിലൂടെ നിഷ്ഠയ നിഷ്ഠയെന്ന് പറയും ബ്രഹ്മജ്ഞാനിയുടെ നിലയിൽ ചിലടത്ത നിഷ്ഠെന്ന് പറയും ബ്രഹ്മവിജ്ഞാനത്തോടുകൂടി ജീവിക്കുന്നതും നിഷ്ഠയാണ് പക്ഷെ ഇവിടെ അതല്ല മുഖ്യമായും പറയുന്നു ഗുരുശുശ്രൂഷാദികളിൽ ശ്രവണനിഷ്ഠ ഇനി ഒരാൾ അവിടെ എത്തിയില്ല അനന്ത കർമ്മയോഗം അനുഷ്ഠിക്കുകയോ മറ്റെന്തെങ്കിലും ഉപാസനമനുഷ്ഠിക്കുകയോ അതും നിഷ്ഠ തന്നെയാണ് അതാതിലുള്ള നിഷ്ഠ നിഷ്ഠ എന്നത് തന്നെ ആയിരിക്കണം പക്ഷെ ഇവിടെ പറയുന്ന നിഷ്ഠ നമ്മളൊരു കാര്യം മനസ്സിൽ വെച്ച് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ എന്താണോ ശോക നിവൃത്തിക്ക് ഉപകരിക്കുന്ന നിഷ്ഠ അതാണ് നാലദിനെ വേറെ നിരാശയാണ് ബാക്കിയെല്ലാം നേടിക്കഴിഞ്ഞു ഒന്നൊഴുകിയ ശോകം നിവൃത്തേ ശ്രോണ മനനങ്ങളെല്ലാം ഒരുപാട് നടത്തിയതാണ് പക്ഷെ ശോകം എന്ന് വരുത്തിക്കുന്നത് ശോകം എന്ന് വൃത്തിക്ക് ഉപകരിക്കുള്ള ഒരു നിഷ്ഠ അത് അദ്വൈതാത്മബോധത്തിന് ഉതകുന്ന ശ്രവണ മനനാദികൾ നിസ് ആ ശ്രദ്ധ വരണമെങ്കിൽ നിഷ്ഠ വേണം എന്നാ പറയുന്നത് ശ്രദ്ധയും നിഷ്ഠയും തമ്മിൽ എന്താ ബന്ധം സ്വാഭാവികമായിട്ടും ഒരാൾ കേൾക്കുന്നു ബ്രഹ്മം സത്യമാണ് ജഗത് വിജയാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് അതില് ഇത് കേട്ടെന്ന് വിചാരിച്ച ഒരാൾക്ക് അതിൽ സത്യമാണെന്ന് ബോധ്യം വരും ഇല്ല ആധ്യാത്മികമായി സഞ്ചരിക്കുന്നവർക്കുകൂടി ബോധ്യമുള്ള കാര്യമില്ല പലരും ബോധ്യപ്പെടാത്തതിലാ സഞ്ചരിക്കുന്നു നിവൃത്തികളുകൊണ്ട് സഞ്ചരിക്കുന്നവരുമുണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സഞ്ചരിക്കുന്നവരുണ്ട് അവിടെയൊക്കെ ശ്രദ്ധ വേണമെന്നില്ല കാരണം കേട്ടു വിട്ടു അതാണ് സാധാരണ സാധനം കേൾക്കുന്നു ഉപേക്ഷിക്കുന്നു കേൾക്കാൻ തന്നെ സമയമില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് ഇതിന് അവിടെ ആ മടിയാണ് ഇനി ഇതൊന്നും കേൾക്കാതെ തന്നെ കൃതകൃത്യരാകുന്ന ഒരു വിഭാഗക്കാർ അതുമുണ്ട് ഇതൊന്നും ആവശ്യമില്ല ഇതൊന്നും കൂടാതെ തന്നെ ശോകം നിവർത്തി വന്ന ആൾക്കാരും ഉണ്ട് അപ്പോ ശ്രദ്ധ എങ്ങനെ ഉണ്ടാകും ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ കേട്ടതും സമയം കളയാൻ വേണ്ടി കേൾക്കുന്നവരുണ്ടല്ലോ വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതിന്റെ സമയം ചെലവഴിക്കാം അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇതാകാം എന്ന് വരുന്നവരുണ്ട് ശ്രദ്ധ വരുന്നു ശ്രദ്ധ വരണമെങ്കിൽ മനനം ശരിയായിട്ടുണ്ടാവണം യുക്തിക്കും അനുഭവത്തിനും ബോധ്യപ്പെടണം അന്നേരം നിഷ്ഠയുണ്ടാവും അത് അനുഭവിച്ചിടത്തോളം ബോധ്യം വരും ഇത് അനുഭവിച്ചിട്ടാണോ ബോധ്യം വരേണ്ടതെന്ന് അനുഭവിച്ചിടത്തോളം ബോധ്യം വരും ഇന്നുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നും ഇനി വരാൻ പോകുന്ന അനുഭവത്തിലല്ല ഇതുവരെയുള്ള അനുഭവത്തിൽ ്രഹ്മസത്യം ജഗത് മിഥ്യ ബോധ്യപ്പെട്ടു അനാസ്തിക്ക് ബുദ്ധി വന്നു യുക്തിക്ക് അത് യോഗിക്കുന്നുണ്ടോ അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് ശ്രദ്ധ വരും നിഷ്ഠയും വരും അപ്പോൾ ഇത് പരസ്പര പൂരകങ്ങളാണ് ശ്രദ്ധയുള്ളവനിൽ നിഷ്ഠ വർദ്ധിക്കുന്നു നിഷ്ഠ വർദ്ധിക്കുന്നതിനനുസരിച്ച് ശ്രദ്ധയും വരുന്നു ഒന്നിനെ തുടർന്ന് വരുന്നതല്ല ഒന്നും രണ്ടും പരസ്പരം പിന്തുടരുന്നതാണ് ഇതെല്ലാം അങ്ങനെയാണ് ശ്രവണം എല്ലാം തീർത്തിട്ട് പിന്നെ മനണം അങ്ങനെയുണ്ട് ശ്രവണത്തിൽ നിന്ന് മനണം മനനില് നിന്ന് ശ്രവണം ശരിക്ക് മനനം ചെയ്യുമ്പോഴാണ് ശ്രവണത്തി താല്പര്യം വരുന്നത് ഈ താല്പര്യം ശരിക്ക് ശ്രവണം ചെയ്യുമ്പോഴാണ് മനനത്തിൽ നിഷ്ഠ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിഷ്ഠയുണ്ടെങ്കിൽ ശ്രദ്ധ വരും യഥാ നിസ്തി അതശ്രദ്ധ നിസ്തിഷ്ഠൻ ശ്രദ്ധതാദി ആ നിഷ്ഠയില്ലെങ്കിൽ ശ്രദ്ധയിസ്തിഷ്ഠനേവ ശ്രദ്ധതാധി നമുക്ക് വിട്ടുപോകുന്ന ഇതൊക്കെയാണ് ശ്രദ്ധയും നിഷ്ഠയും ഒന്നുമില്ല വന്നുപോകും അത് ആ ജീവന്റെ സംസ്കാരം അല്ലെങ്കിൽ ആ യോഗ്യത അതിനനുസരിച്ച് നിഷ്ഠാത്വ വിജിജ്ഞാസിതവ്യോ അതുകൊണ്ട് ആ നിഷ്ഠ അത് നിഗ്രഹിക്കണം നിഷ്ഠ എന്തെന്ന് ഗ്രഹിച്ചാലേ അത് നീകരിക്കാൻ പറ്റും നിഷ്ഠ ഭഗവരിജാ നിഷ്ഠയിൽ ഉറക്കാം എന്നാ പറയുന്നതിൻ്റെതൊരു നിഷ്ഠയാണോ ശ്രദ്ധയ്ക്കും കാരണമായിരിക്കുന്നത് ഏതൊരു ശ്രദ്ധയാണോ മനനത്തിന് കാരണമായിരിക്കുന്നു ഏതൊരു മനനമാണോ അങ്ങനെ അവസാനം എത്തിച്ചേരുന്ന വിജ്ഞാനം അതിന് പരമ്പരയായി കാരണമായിരിക്കുന്ന നിഷ്ഠ അത് ഞാൻ എന്താഗ്രഹിക്കാം ബഹു വിജിജ്ഞാസ അത് ഭാഷകാരൻ ചുരുങ്ങിയൊരു വാക്കിൽ പറഞ്ഞു ഗുരു ശുശ്രൂഷാദി തത്പരത്വം ബ്രഹ്മവിജ്ഞാന ഇതായി നിഷ്ഠ ഇത് ബ്രഹ്മവിജ്ഞാനത്തിന് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു നിഷ്ഠയാണ് ഒരാള് ഗുരു സമീപത്ത് നിന്ന് ശ്രമിക്കുന്നു മനനാധി ചെയ്യുന്നു പക്ഷെ അവർ ബ്രഹ്മവിജ്ഞാനത്തിന് ഉപകരിക്കുന്നുണ്ട് അത് നിഷ്ഠയായില്ല നിഷ്ഠയാകാത്തോണ്ടാണ് തത്പരത തത്പരത താല്പര്യം നമ്മൾ സാറാണ് പറയുന്നത് നമ്മൾ സാറാണ് മലയാളത്തിൽ പറയുന്നത് എനിക്കതിന് താല്പര്യം അതിനോടൊരിഷ്ടാണ് ആർത്ഥത്തിലല്ല താല്പര്യം സംസ്കൃതത്തിൽ പറയുന്നത് തത്പരത എന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരാൾ മുഴുകുക എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ പൂർണമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് തത്പരത തദ്വ പരം അതാണ് പരം അങ്ങേയറ്റത്തത് എന്നുള്ളത്ഥത്തിൽ അതിനെ പൂർണ്ണമാക്കുക അതിൽ മുഴുകുക എന്ന് പറയുന്നു ആ തത്പരത വന്നു കഴിഞ്ഞാൽ പൂർണമായും ഒരാൾക്ക് അതിന് മുഴാൻ കഴിഞ്ഞാൽ പക്ഷെ അതിന് ശ്രദ്ധ വേണം സത്യമാണെന്നുള്ള ബോധം വേണം എല്ലാം ഒത്തു കിട്ടണം അത് ഈശ്വരാനുഗ്രഹം കൊണ്ടെന്നെ പറയാൻ പറ്റും അതുകൊണ്ടത് നീ മനസ്സിലാക്കുക എല്ലാവരും പറയും എന്താണ് പ്രസവമൊക്കെ വായിച്ചു മനസ്സിലാക്കുന്ന ഉള്ളാ പക്ഷേ അതുപോലെ സാധന ഇവിടെ എന്ന് പറയും പരവുമായ സാധന എന്തെന്നാണ് ഇവിടെ പറയുന്നത് ഇതിനപ്പുറം ഒരു സാധനയുണ്ട് എന്താണോ മനനം ശ്രദ്ധ നിഷ്ഠ ഇതിനപ്പുറം വരെ അദ്വൈതത്തിൽ വേറെ സാധനം നമ്മൾ എന്തിനെങ്കിലും സാധന എന്ന് പറയുന്നെങ്കിൽ അതൊന്നും ഇവിടെ സാധനയല്ല ഈ പറയുന്നതാണ് സാധനം അതിനെന്തെങ്കിലും ന്യൂനത വന്നാന്ന് വെച്ചാൽ ഇത് ആ സമഗ്രത വന്നില്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ല എന്നുള്ളതേ ഉള്ളൂ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ശ്രവണാദികൾ തന്നെ സാധനമാണ് മറ്റു സാധനങ്ങൾക്കൊന്നും നേരിട്ട് കൂടെ ഫലത്തെ ഉണ്ടാക്കാൻ കഴിയില്ല ആ സാധനയിൽ മുഖ്യമായിരിക്കുന്നതാണ് ശ്രദ്ധയും നിഷ്ഠയും അഭേദ്യമായിരിക്കുന്നതാണ് ഇത്രയും ആയിക്കഴിഞ്ഞാൽ അദ്വൈത സാധനം പൂർണ്ണമായി എല്ലാത്തിനെയും ഇലികൊണ്ട് കൂട്ടിച്ചേർക്കരുത് അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ ഉടനെ കുണ്ടലിനി കുണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഉടനെ അദ്വൈതം അങ്ങനെ പോയിട്ട് കാര്യമില്ല കുണ്ടലിന്യാണ് സാധനമെങ്കിൽ അതിൽ പോവുക അവിടെ പിന്നെ അദ്വൈതം കൊണ്ടുവന്നിട്ട് കാര്യ അദ്വൈത സാധന അല്ല കുണ്ടലിനി അത് ആ വിദ്യയുടെ സാധനാണ് ഇത് രണ്ടും കൂടെ കൂട്ടി കെട്ടടും അദ്വൈതസാധനയല്ല യോഗശിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞിരിക്കുന്ന അദ്വൈത സാധനയല്ല അത് അതിൻ്റെ വഴിയാണ് പ്രാണായാമം സമയമും എന്നെല്ലാം നിർദ്ദേശിക്കുന്ന യോഗ സാധനങ്ങൾ അത് അദ്വൈത സാധനമുണ്ട് അത് യോഗ സമാധിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അത് താല്പര്യമുള്ളവരതനു ചെയ്യും മനസ്സിന്റെ ഏകാഗ്രതയും മറ്റും ഏതായതിനും ആവശ്യമുള്ളതാണ് കുണ്ടന്യായാലും യോഗമായാലും അത്വീതമായാലും അതിനപ്പുറം ഓരോ മാർഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സാധനങ്ങൾ അതിന്റെ ഫലത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ ഒരവിയലാക്കി അവസാനം ഒന്നും ഇല്ലാതാകുന്നതാണ് തകരാറ് എന്തിനും നിശ്ചയില്ലാത്തത് ഒരാൾക്ക് കുണ്ടലിനിയിലാണെങ്കിൽ ശ്രദ്ധയെങ്കിൽ അത് ചെയ്യുക ശ്രദ്ധിക്കുക അതിന്റെ അഭ്യാസം ചെയ്യുക ഒരാൾക്ക് നിർബീജ സമാധിയിൽ എത്തിച്ചേരണമെങ്കിൽ അതിന്റെ മാർഗമുണ്ട് അഷ്ടാംഗ യോഗശീലിക്കുക ഇനി ഒരാൾക്ക് അതൊന്നുമല്ല ആകാശത്തിലൂടെ പറക്കണമെങ്കിൽ ഹഠയോഗശീലിക്കുക എന്ന് പറയുന്നുണ്ട് ഉപായ അങ്ങനെ എത്രയോ ഉപായങ്ങളും ഇതെല്ലാം കൂടെ ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല ഇവിടെ പറയുന്ന ഇതാണ് അദ്വൈത ബോധത്തിനുള്ള സാധനം അതാണിത് ശ്രദ്ധയും നിഷ്ഠയും ശ്രവണാദികളോട് ഒരുമിച്ചപ്പോൾ ഇനി ശ്രദ്ധയും നിഷ്ഠയുമായി അതിൽ ഇനി എന്താണ് പറയുന്നത് യഥാ കോതി അഥ നിസ് അതിഷ്ടതി കൃത്വ നിസ്തിഷ്ടീ കൃതി കൃതി യഥാവി കരോതി ഇനി പറയുന്ന യത്നത്തെക്കുറിച്ചാണ് പ്രയത്നത്തെക്കുറിച്ച് നിഷ്ഠയും ശ്രദ്ധയും പോലെ മുഖ്യമാണ് ഇവിടെ ഈ കൃതി കരോതി യത്നം ഇവിടെ കുറിച്ച് പറഞ്ഞു പ്രാണനെ കുറിച്ച് പറഞ്ഞു ആത്മാവിനെ കുറിച്ച് പറഞ്ഞു ശ്രവണ മനനങ്ങളെ കുറിച്ച് പറയുന്നു നിഷ്ഠയെ കുറിച്ച് പറഞ്ഞു ശ്രദ്ധയെ കുറിച്ച് പറഞ്ഞു ഇനി ഇവിടെ പറയുന്നു പ്രവൃത്തി അപ്പൊ എന്തായിരിക്കും ഇവിടെ പ്രവൃത്തി എന്ന് വാഴ നടന്നാണ് വഴിയില്ലല്ലോ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മനസ്സിൽ വരുന്നു നമ്മുടെ ജീവിതം അതല്ല അതുകൊണ്ട് ഭാഷ്യകാലം പറയുന്നു കൃതി ഇന്ദ്രിയ സംയമ ചിത്ത ഏകാഗ്രതാ കർണ ഇതെല്ലാം പ്രവൃത്തിയാണ് കൃഷിയും കച്ചവടവും വാണിജ്യവും ഇതെല്ലാം പ്രവൃത്തി തന്നെയാണ് പക്ഷെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം പ്രവൃത്തി എന്ന് പറയുമ്പോൾ മനസ്സ് വേറങ്ങുമ്പോൾ ഒരു എന്താണ് ഇന്ദ്രിയ സംയമം അത് തന്നെ അതൊരു പ്രവൃത്തിയാണ് ചിത്യേകാഗ്രത കാരണം മനസ്സിനെ ഏകാഗ്രമാക്കുക എന്തിൽ ഏകാഗ്രമാക്കണം മുഴുകിരി കൊളുത്തി വെച്ചിട്ട് അവരാണോ ഏകാഗ്രമാക്കേണ്ടത് അതിന്റെ നാളത്തിൽ നോക്കിയിരിക്കുകതാണ് ഹിപ്നോട്ടിസം പഠിക്കാൻ നല്ലത് അങ്ങനെയുള്ള ഏകാഗ്രതയല്ല പറയുന്നത് മനസ്സിന്റെ ഏകാഗ്രത ഇവിടെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഉള്ള ഏകാഗ്രത ആത്യന്തികമായിട്ട് അത് വേണം മനസ്സംയമത്തോടുകൂടി ഇന്ദ്രിയ സംയമത്തോടുകൂടി ഇതിൽ ഏകാഗ്രത വരിക എന്നുള്ളതാണ് ഏത് ശ്രവണ മനനാദികൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടോ നിഷ്ഠ ആ നിഷ്ഠയിലുള്ള ഏകാഗ്രത ആ ഏകാഗ്രതയ്ക്ക് ശ്രദ്ധ അവിടെ ആവശ്യമാണ് ആസ്തിക്ക് ബുദ്ധി വേണം അതിന് ശ്രവണ മനനങ്ങൾ എല്ലാം സഹായിക്കുന്നു അപ്പോൾ ഇതിൽ മനസ്സ് നിൽക്കണമെന്ന് ചെറുക്കം ഏകാഗ്രത എന്ന് പറയുമ്പോൾ മനസ്സിനേറ്റം നിർത്തണം താല്പര്യപൂർവ്വം മനസ്സ് തീർക്കണം എന്നാലിത് പ്രയോജനം ചെയ്യും അല്ലാതെ അവിടെ ഇവിടെയും മനസ്സോടി നിളന്നാൽ ശരീരം ഓടി നിളക്കും മനസ്സ് ഒരിടത്തിരുന്നാൽ ശരീരം ഒരിടത്തിരിക്കും അങ്ങനെ ഒരിടത്തിരുന്നാലേ നടക്കത്തുള്ളൂ ഏകാഗ്രത എന്ന് പറയുന്നതാണ് മനസ്സ് ചഞ്ചലമാകുന്നോണ്ടാണ് ഒന്ന് വിട്ട് വേറെന്നിലേക്ക് പോകുന്നത് ഇന്ന് തോന്നുന്നു കുണ്ടൽനിക്ക് ക്ഷാധാരങ്ങളെ ധ്യാനിച്ച് അത് ജീവിക്കും ശരിക്കും എന്നാൽ അത് ചെയ്തു വേറെന്നിനും പോകണ്ട അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അത് പറ്റത്തില്ല വ്യത്യാസം വേറൊന്നായി കുറച്ച് മന്ത്രം ചെയ്യുക അതൊന്നിനും നിഷ്ഠയില്ല ഏകാഗ്രതയില്ല അഗ്രം ഏകമല്ല വിഷയം ഒന്നല്ല പലതിലേക്ക് പോകും ചെതറിപ്പോകും മനസ്സിന്റെ ശക്തികൾ ചെതറിപ്പോകും ഇപ്പോ അടുത്ത് പറയും സ്വയം അവനവൻ അവനവന്റെ രാജാവാകണം ഇതാണ് ഇതിന്റെ ആത്യന്തികമായി നേടേണ്ടത് വേറെ രാജാക്കന്മാരൊന്നും പാടില്ല അപ്പൊ മനസ്സിന് അത് വരണം ആ യോഗ്യത വരണം ഏകാഗ്രത വരണം കൃതി എന്ന് പറഞ്ഞാൽ അത് അതിന് യത്നം ആവശ്യമാണ് യത്നം എന്നെല്ലാം പറയുമ്പോ അവിടെ ഈശ്വര കൃപ ഗുരുകൃപ എല്ലാം വേണം എന്നാലും സ്വയം ജീവന്റെ യത്നം അതിനാവശ്യമാണ് അതിലൂടെ പ്രാധാന്യം കൊടുക്കുന്നു യഥാപൈ അതാ നിസ്തിഷ്ഠത എന്നാലേ നിഷ്ഠയുണ്ടാവും ഏകാഗ്രത ഇല്ലാത്തവനങ്ങനെ നിഷ്ഠയുണ്ടാവും സാധ്യമല്ല ഇവിടെ ഇരിക്കുകയും അടുക്കളയിലെ കാര്യം ആലോചിക്കുകയും ചെയ്ത നിഷ്ഠയാകത്തില്ല അല്ലെങ്കിൽ ഇതുവരെ കടന്നു വന്നെവിടെയെങ്കിലും ആണ് മനസ്സെങ്കിൽ നിഷ്ഠയാകും ഇടയ്ക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു അപ്പൊ ആ ഏകാഗ്രത അത് ഉണ്ടാകണം ഇതെല്ലാം ഒരുമിച്ച് പറഞ്ഞു നിഷ്ഠകൊണ്ട് ഏകാഗ്രത വർധിക്കുന്നു ഏകാഗ്രത കൊണ്ട് നിഷ്ഠ വർദ്ധിക്കുന്നു ഒരു സാധനയ്ക്കും ഒറ്റയ്ക്ക് നീക്കാൻ പറ്റത്തില്ല പിന്നെ വിഷയം ഒന്നായിരിക്കണമെന്ന് ഇവിടെ പറയുന്നു ഏതിലാണോ അതിൽ ഈ പറയുന്നതെല്ലാം വരിക ജപമായാലും ശരി ധ്യാനമായാലും ശരി അദ്വൈത വിചാരമായാലും ശരി ഭക്തി ആയാലും ശരി അതിലിതെല്ലാം ഒരുമിച്ച് വരിക എന്നാഥ് എന്നാൽ ഏതെങ്കിലും പോരെ മതി പക്ഷെ നാരദിനെ പറ്റിയതുപോലെ പറ്റില്ല ശോകം നിവൃത്തി സംഭവിക്കുന്നു അതാ അതിനുവേണ്ടിയ ഇതെല്ലാം പറയുന്നു അതിനിടെ ഇപ്പോ സനക്കുമാരും പറയുന്നത് ഇതാ വഴി ശോകന്നു വൃത്തിക്കിവിടെ കുണ്ടനീ ചെയ്യാൻ പറയുന്നില്ല പടയോഗം ചെയ്യാൻ പറയുന്നില്ല മന്ത്രയോഗം ലഹ ലയോഗം ഒരു യോഗവും പറയുന്നില്ല ഇവിടെ പറയുന്നു ഭൂമയെക്കുറിച്ചാണ് പറയുന്നത് ആത്മത്വ ബോധത്തെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ശോകം നോർത്തി വരുമെന്നാണ് അതിന് ശ്രദ്ധയുണ്ടെങ്കിൽ അത് ചെയ്യുക ശ്രദ്ധയുണ്ടെങ്കിൽ വേറെന്തെങ്കിലും പണി ചെയ്യുക അവിടെ യജ്ഞം ആവശ്യമാണ് സത്യാം ഹി തസ്യമായ യത്നം അവനുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഏകാഗ്രതയെ ഇന്ദ്രിയങ്ങളുടെ സംയമത്തെ എല്ലാം നയിച്ചു കൊണ്ടുപോകുന്ന യജ്ഞമുണ്ടെങ്കിൽ നിഷ്ഠാധീനി യഥോക്താനി ഭവന്തി വിജ്ഞാനവസാനി പറയുന്നു നിഷ്ഠ തുടങ്ങി അത് ഒടുവിലാണ് പറഞ്ഞെങ്കിൽ അത് തുടക്കമാണ് കാരണം ആ നിഷ്ഠയിൽ ശ്രവണവും മനനവും എല്ലാം ഉൾപ്പെടുന്നു അവസാനം വിജ്ഞാനവസാനി വിജ്ഞാനത്തിൽ അവസാനി ഇവിടെ സമഗ്രമായി സമ്പൂർണമായി സർവത്തെയും പറഞ്ഞിരിക്കുകയാണ് അവനവന് പറ്റുമോ പറ്റത്തില്ല എന്ന് മാത്രം ചിന്തിച്ചാ മതി കഴിയുമോ കഴിയില്ലേ അതേ ഉള്ളൂ കൂടെ യഥാ വൈ കരതി അഥ നിസ്തിഷ്ഠതി നാ കൃത്വ കൃത്യോ നിഷ്ഠിത്തതി കൃത്യസ്ഥയോ വിജിജ്ഞാസിതവ്യ അതുകൊണ്ട് പറയുന്നു ആ യത്നം അതെന്താണെന്ന് മനസ്സിലാക്കുന്നു അതാ പ്രത്യേകം പറയുന്നു ഓരോടത്തും പറയുന്നു വിജിജ്ഞാസിതവ്യ കാരണം യത്നം എന്താണെന്ന് അറിയാം യത്നിക്കുന്നവരും ആണ് ഒരുപാട് യത്നിക്കുന്നുണ്ട് പക്ഷെ യത്നിക്കേണ്ട രീതിയിലല്ല എന്തിനു വേണ്ടി യത്നിക്കണം എന്നറിഞ്ഞിട്ടില്ല ഇത് ശോബന്ധം കൊടുത്തേക്ക് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞിട്ടില്ല എന്താണ് യത്നം എവിടെയാണ് യത്നം വേണ്ടത് ഇവിടെ ശ്രവണാദി സാധനങ്ങളിലാണ് അതറിയില്ല അതാണ് ഇവിടെ പറയുന്നത് കൃതി ഭഗവു ജിജ്ഞാസാശരി ആരംഭി ഞാൻ ശ്രമിക്കാം അല്ല എന്റെ താല്പര്യം ഇവിടെയും പോകും വിജിജ്ഞാസ ഓരോന്നിന്റെ അവസാനം പറയും മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ഞാൻ ശ്രമിക്കാം എന്ന് വെച്ചാൽ ഇതുവരെ അറിഞ്ഞിട്ടല്ല ശ്രമിച്ചാൽ അറിയാതെ പലതും ചെയ്തു എല്ലാ ശാസ്ത്രവും പഠിക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ കുറെ അറിഞ്ഞിരിക്കുവാണ് വേണ്ടവണ്ണം അറിഞ്ഞിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല വിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മനനത്തെക്കുറിച്ച് പറയുമ്പോൾ നിഷ്ഠയെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധയെക്കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തും പറയും ഞാൻ ശ്രമിക്കാവുന്നതാണ് എന്തിനു വേണ്ടിയാ അതടുത്ത് പറയുന്നു പറഞ്ഞാ ചേർത്ത് പറയുന്നു യഥാഖം ലഭത്തി അധ കോതി അസുഖം സുഖമേ ലബ്ധുവാജിതൃം സുഖം ഭഗവ്ഞാസ അപ്പൊ കൃതി സുഖം നിർദ്ദേശ്യം വക്ഷ്യമാണി മയു തലസുഖം ഭവിഷ്യതൃതിഷുരൂ സത്യം സ്വയമേ പ്രതിഭാസതീ ന കാര്യം തരീം നിരദ്ശയം വക്ഷ്യമാണിത് മനുത പറയുന്നു ആ യത്നവും ശ്രുതി പറയുന്നു എപ്പോഴാണോ സുഖം ലഭിക്കുന്നത് അപ്പോ യത്നം ഉണ്ടാകുന്നു എന്നാണ് അത് ശ്രദ്ധി സുഖം ലഭിച്ചു കഴിഞ്ഞപ്പിനെന്തിനാ യത്നം യത്നസുഖത്തിന് വേണ്ടിയാണ് സുഖം കിട്ടി ഇനി എന്തിനാ യത്നം ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഭക്ഷ്യകരണ രണ്ടു തരത്തിലും പറയുന്നു ഈ പറയുന്ന ശ്രവണാതി സാധനങ്ങൾ നിഷ്ഠ ശ്രദ്ധ ഇതെല്ലാം കൊണ്ട് എന്താ സംഭവിക്കേണ്ടത് ആത്യന്തികമായി സംഭവിക്കേണ്ടത് നാലാവശ്യപ്പെടുന്ന കാര്യമാണ് ശോക നിവൃത്തി ശരി ആ ആത്യന്തികമായ ശോകനിവൃത്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ മുഴുവുമ്പോൾ അവനെന്തായിരിക്കും ദുഃഖമാണോ സുഖമാണോ സുഖമാണോ അത് സുഖമാണ് അതീ അദ്വൈതസാധനയുടെ ഒരു പ്രത്യേകതയാണ് അവിടെ കരച്ചിലും പിഴിച്ചിലും നെഞ്ചത്തടിയും ഒന്നുമില്ല അങ്ങനെയുള്ള അഭ്യാസങ്ങളും ഒന്നും അവിടെയില്ല അവിടെ പരിപാടി സുഖമാണ് നല്ല ചപ്പാടൊക്കെ അടിക്കുക വേദാന്തമൊക്കെ ശ്രവിക്കുക പരിപാടി ആകമത്വത്തിൽ സുഖമുള്ള ഏർപ്പാടാണിതെന്നാണ് പറയുന്നത് ഇവിടെ നാനുശോജന്തി പണ്ഡിതാ ഇവിടെ വിലാപില്ല വേറെ ഓരോ ഉപായങ്ങൾ മാർഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലുമൊക്കെ ഉണ്ട് ഇവിടെ അതൊന്നുമില്ല എന്തുകൊണ്ടാണോ അതുകൊണ്ടൊന്നും കാര്യമില്ല കരഞ്ഞിട്ടെന്താ കാര്യം കാരണം തന്റെ ലക്ഷ്യം തന്നെ ശോകം നിവൃത്തിയാണ് എന്താ ശോകം നിവൃത്തി ശോകത്തിലൂടെ തന്നെ സാധിക്കണമെന്ന് നിർബന്ധമുണ്ടോ അതില്ലോ ഞാൻ സമത്വം യോഗിച്ചതേ കരച്ചാണോ സമത്വമാണോ അവിടെ പിന്നെ കരച്ചിൽ നിന്ന് സ്ഥാനമില്ല പലർക്കും അത് അങ്ങോട്ട് മനസ്സിലാവത്തില്ല പല കരയാതെ എങ്ങനെ കാര്യം സാധിക്കും കരഞ്ഞ് സാധിച്ചോ വേണ്ടെന്ന് ഗുഡേ പറയുന്നു അദ്വൈത സാധനം അവിടെ കരച്ചിലില്ലെന്നേ പറയുന്നു ആരും കരയരുതെന്ന് പറയുന്നില്ല നിർബന്ധമുള്ളവർക്ക് കരയാം അതിനു കൊണ്ട് സ്വാതന്ത്ര്യം മറ്റേ പ്രസവത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ കരയണോന്നു പറഞ്ഞോ നിരോധന ഇവിടെ അതല്ല ഈ പ്രസവത്തി പറയുന്നു കരയുണ്ടെന്ന് ഇത് സമ്മതമാണോ എങ്കിൽ കരയാതിരിക്കും സ്വാമി കൃത്രികത സുഖന്നഭതാടി എന്നാണ് ഒന്ന് നാരദിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ശോകം നിവൃത്തിയാണ് ആ ശോക നിവൃത്തിക്ക് വേണ്ടി ആ ഒരു പ്രതീക്ഷയുണ്ട് ഇതിന്റെ ഇവിടെ കരയേണ്ട കാര്യം എന്താണ് ആത്മാവിനെ കുറിച്ച് കേട്ടാ എന്താണ് ആരെങ്കിലും ഞെട്ടിക്കരഞ്ഞു പോകും കരയേണ്ട കാര്യം എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ കരയുന്നു ഈ പറയുന്നതിന് കരയാനെന്താ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി കരയാം ഞാനും കൂടെ കരയാം ഒരുമിച്ച് കരയാം പക്ഷെ ഇവിടെ കരയാനുള്ള ഒരു കാര്യം പറയുന്നില്ല ആത്മാവ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് പിന്നെ അതിന് പറയുന്നത് എന്താണ് ചെറുവണ മരണാതി സാധനങ്ങൾ എന്റെ ഇടയ്ക്ക് കരയാനെവിടെയാ സമയം ഇതിന് കരയുന്ന വഴിയിലുണ്ട് ചിലർക്ക് കരഞ്ഞേ മതിയാവും എപ്പോഴും ഇങ്ങനെ കണ്ണീര് വരുന്ന ഒരു പറയുന്നു അത് പല ഇങ്ങനെ കരയുന്നിട്ട് ഞാൻ ബലമായിട്ട് കരയാൻ നോക്കിട്ടുണ്ട് നടന്നിട്ടില്ല കരയാൻ തുടങ്ങുമ്പോ ചിരി വരും ഇന്നിങ്ങനെ കരയുന്നു ഇവിടെ അത് പറയുന്നു ഇവിടെ സുഖത്തെക്കുറിച്ചാണ് പറയുന്നത് സുഖം ഒരു സാധനയാണ് സുഖം ലഭിക്കുന്നതിനുള്ള സാധനം സുഖമാണ് അദ്വൈതത്തെ സംബന്ധിച്ചാണ് ഭക്തിശാസ്ത്രവും മറ്റുമാണ് പഠിപ്പിക്കുന്നത് ഞാനും കരയും നിങ്ങളോടോ ഇവിടെ അതല്ല അദ്വൈതത്തെ സംബന്ധിച്ച് പറയണം അത് പ്രത്യേകം സ്ഥാപിക്കുഖം ലഭ്യത സുഖം നിരദിശയും ഭക്ഷ്യമാണ് ലഭ്യം മഞ്ഞതേ തഥാഭി അതാണ് ഇത് ആത്യന്തികമായ സുഖനിവൃത്തിയാണ് ദുഃഖ നിവൃത്തിയാണ് സമത്വമാണ് എന്നറിയുമ്പോൾ അത് സുഖമാണ് അത് സുഖത്തിന്റെ വഴിയാണ് ചെറിയ എന്താ സുഖം കൊണ്ട് കരഞ്ഞൂടെ എന്ന് ചോദിച്ചു സുഖമുണ്ടെങ്കിലും കരയാനോ അതാണ് ഞാൻ പറഞ്ഞത് പഴയ സുഖക്കെടുത്തവർക്ക് കരഞ്ഞേ തീരൂ അതിന് സുഖമായാലും ശരി ദുഃഖമായാലും ശരി എന്തായാലും കരയണു സുഖമായാലും കരയണം അത് പറഞ്ഞത് രോഗമാണ് ഇവിടെ പറയുന്നു നിരതിശയം ലബ്ധമ്യം മയേലി മഞ്ഞേലി എപ്പോഴാണോ നിരതിശയമായ ആനന്ദം സ്ഥിതപ്രജ്ഞനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോ അവിടെ ചർച്ച ചെയ്താണ് ആനന്ദത്തെ കുറിച്ച് അത് ആണ് നേടേണ്ടത് എന്ന് കരുതുമ്പോ എന്ന് പറയുന്നു സുഖന്റെ അപ്പോ അതിനുവേണ്ടി അത് പ്രാപിക്കേണ്ട അതാണ് എന്റെ ലക്ഷ്യം പരമായി പ്രാപിക്കേണ്ടത് ആനന്ദമാണോ ഭൂമ ഇവിടെ പറയും അല്പത്തിൽ സുഖമില്ല അതിലാണ് സുഖം എന്നറിയുമ്പോൾ ആ സുഖപ്രാപ്തിക്കുള്ള സാധനയിലാണ് ശ്രവണാദി സാധനയിലാണ് അവിടെ പിന്നെ ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നും ചിലര് ഇനി കരയുന്നവര് തന്നെ അങ്ങനെയുള്ള ആധ്യാത്മികമായി സഞ്ചരിക്കുന്നവര് തന്നെ ചിലർ കരയാറുണ്ട് അത് കരയുന്നവര് തന്നെ വാസ്തവത്തിൽ അവർ കരയുന്നത് അവരുടെ ഉള്ളിലുള്ള ഭാവങ്ങളുണ്ടൊന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് പഴയ ചില വിചാരങ്ങൾ ഓർമ്മകളൊക്കെ വരുമ്പോഴാ കരഞ്ഞു പോകും അതായിരിക്കും കരയിപ്പിക്കുന്നു കരയുന്നവർ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും അപ്പൊ എന്തെങ്കിലും ദുഃഖിക്കേണ്ട കാര്യങ്ങളാണോ അപ്പൊ കരയും ഇവിടെ കരയേണ്ട കാര്യം സമത്വമാണ് സമത്വം യോഗയോഗ്യത സുഖദുഃഖേ സമയക്കെടുത്ത സാധന സാധ്യമോ അതുതന്നെ യഥാ ദലസുഖാകൃതി തഥാവിഭാവി സുഖി പറയുന്നു ദുഷ്ടഫലസുഖം എന്ന് പറയുന്നത് ദുഷ്ടമായ ഫലം സുഖഫലത്തെ ഉണ്ടാകുന്നു ശ്രവണാദി സാധനകളിൽ മുഴുകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫലമായ സുഖം ദുഷ്ടഫലമാണല്ല മരിച്ചതിന് ശേഷം കിട്ടുന്നതെന്ന് ഇനി നാളെ ഒരു ദിവസം മുക്തി നേടുന്നു അതിനപ്പുറം ആ പിറ്റേ ദിവസം മുതൽ സുഖം കലണ്ടറിൽ മാർക്ക് ചെയ്യുക ഇന്ന് മുക്തിയായി നാളെ വലിയ സുഖം ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി അടുത്ത വർഷം അങ്ങനെ ഇല്ല അങ്ങനെ മാർക്ക് ചെയ്ത് സുഖം ചെയ്തു ദുഷ്ടഫല കൃതി യത്നം പറയുന്നു യത്നം ഈ മാർഗത്തിൽ ഉള്ള യത്നം ശ്രവണാദി സാധനങ്ങൾ ശ്രദ്ധ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖം പറയുന്ന അവിടെ പ്രത്യക്ഷം തന്നെ ഈ ശ്രോണാദി സാധനങ്ങളിലും നിങ്ങൾക്ക് ഫലം ദുഃഖമാണെങ്കിൽ പിന്നെ ചെയ്യാൻ പോകുന്നു ഈ സാധനങ്ങൾ മുഴുവൻ ഫലം ദുഃഖമാണ് കരയണെങ്കിൽ പിന്നെ ടും ഇവിടെ കരയാൻ വേറെ എന്തെല്ലാം ഉണ്ട് ഇതിന്റെ പേര് കരയേണ്ട കാര്യം തോന്നുന്നു കരയാതിരിക്കാനാ ഇതിൽ വരുന്നു പിന്നെ പിടിയും കരയണെങ്കിൽ പിന്നെ ഇതുകൊണ്ട് പ്രയോജനം എന്നാലും ചെറിയ കരയുന്നതോ അതിന് സമാനം നേരത്തെ പറഞ്ഞു അത് രോഗമാണ് കരയേണ്ട കാര്യമില്ല എന്നാ അസുഖം ലഭ്യമാക്കരു എന്താണ് സാധന എന്താണ് ഫലം എന്നുള്ളത് വ്യക്തമാണ് ഇതിന് വ്യക്തതയുണ്ട് അദ്വൈതത്തിന്റെ വിശേഷത നിഗൂഢശാസ്ത്രമല്ല കുണ്ടിന്നോ മറ്റെന്തെങ്കിലും സമാധി ശാസ്ത്രമെന്നൊക്കെ പറയുന്നതുപോലെ നിഗൂഢതകളൊന്നും ഇവിടെ ഇല്ല ഇത് ഉള്ളതുള്ളത് പോലെ നേരെ പറയുന്ന ഇത് ഇന്നതാണ് ഇത് ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് ഇത്രമാത്രമാണോ രണ്ടു തരത്തിലും മനസ്സിലാക്കും പറയുന്നു ഈ മാർഗത്തിൽ ദുഷ്ടഫലമാണ് അതിന്റെ യത്നം ചെയ്താൽ അത് സ്വാഭാവികമാണല്ലോ ഇന്ദ്രിയ സമയവും മനസ്സിന് ഏകാഗ്രത ശ്രവണാദി സാധനങ്ങൾ മുഴുകുന്നു അയാൾക്ക് സുഖം തന്നെയാണ് അസുഖം കൊണ്ട് വീണ്ടും അതിലയാൾ മുഴുകും ദുഃഖം ഉണ്ടാകുന്നതിന് ഇതൊക്കെ കളഞ്ഞിട്ട് വേണ്ടാത്ത പരിപാടിക്കൊക്കെ പോയിട്ടോ ആവശ്യമില്ലാത്ത എടാകുടങ്ങളിലൊക്കെ ചെന്ന് ചാടി ദുഃഖിച്ചിട്ട് പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ട് എവിടെ താമസിച്ചാലും ശരി വീട്ടിൽ താമസിച്ചാലും ശരി ആശ്രമത്തിൽ പോയി താമസിച്ചാലും ശരി വേണ്ടാതെ പോയാൽ ദുഃഖിക്കും ഞാൻ ആത്മീയം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇവിടെ പറയുന്ന രീതിയിൽ ശ്രദ്ധ തുടങ്ങിയ സാധനങ്ങളിൽ ദുഷ്ടഫലമാണ് അതുകൊണ്ട് ഭവിഷ്യതപി ഫലം ലബ്വാ എത്തിച്ചത് ഇനി വരാൻ പോകുന്ന ഫലം എന്താണോ പൂർണമായ ശോകം കൊടുത്തി അത് നേടിയിട്ടില്ല അത് നേടിയെന്ന് പറയുന്നതിനും തകരാറൊന്നുമില്ല അതുപോലെ അങ്ങ് പറയുകയാണ് നേടിയതുപോലെ നേടിയിട്ടില്ല കാരണം ഈ മാർഗവും സുഖമാണ് നമ്മളിത് കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോ ഇത് വിശദീകരിച്ചാണ് ദുഃഖത്തിന് സ്ഥാനമില്ല നമ്മുടെ ഭാവനയിലുള്ള സുഖങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ല അത് രണ്ടിനുപരിയാണ് തതുദ്ദേശ്യ പ്രവൃത്തി ഇവിടെ ആരും ദുഃഖത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നുണ്ട് ശോക നിവൃത്തിക്ക് വേണ്ടി തന്നെയാണ് ശോക നിവൃത്തിക്കുള്ള മാർഗത്തിന് ശോകമില്ല സന് കുമാറിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നു എന്റെ ശോകത്തിന്റെ മറുകര കടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശോകമുണ്ടല്ലോ വലിയൊരു കടലായിട്ടാണല്ലോ സംസാര സാഗരം എന്നൊക്കെ അല്ലേ പറയും ശരിയായ വഴിക്കല്ല സഞ്ചരിക്കുന്നെങ്കിൽ ഇത് സാഗരം തന്നെയായിരിക്കും ശരിയായ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തത് ഉദ്ദേശ്യ പ്രവൃത്തി ആ ശോകം ഉദ്ദേശിച്ചായിരിക്കും പ്രവൃത്തി ആ മാർഗത്തിലും ശോകമില്ല പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തുടങ്ങുന്ന നാല് ശോചനതി പണ്ഡിത നാരദിനോട് ദുഃഖിച്ചപ്പോ പണ്ഡിതനാണോ അല്ലല്ലോ ആ ഇത്രയും ഗ്രന്ഥജ്ഞാനൊന്നും വേണ്ട ശാസ്ത്രജ്ഞാനൊന്നും വേണ്ട അത് ഇതം കൃത്യാദിഷു ഉത്തരോത്തരേ സസു സത്യസ്വയമേ പ്രതിപാസായ പ്രാപ്തം തദൈതമുചിതോ ആഹ് ഇതിലൊന്നും വിടാൻ പാടില്ല എന്നാണ് എല്ലാം വേണം ശ്രവണാദികൾ വേണം കരുതി വേണം ശ്രദ്ധ വേണം അതുപോലെ തന്നെ സുഖവും വേണം സാധന ചതുഷ്ട സമ്പത്തിയെ കുറിച്ച് പറയുമ്പോ നമ്മൾ സാധനം സമാധാനം സമാധാനം വേണം എന്ന് പറയും ആ സമാധാനവും മനസ്സിൽ നിലനിർത്തണം ഇത് തന്നെ ഈ പറയുന്ന സുഖം തന്നെ അവിടുത്തെ സമാധാനം സമാധാനം വേറെ നടക്കത്തില്ല അതും അറിയേണ്ടതാണ് എന്താണ് സമാധാനം അതില്ലാതെ നടക്കത്തില്ല സമാധാനം ഇല്ലാതെ നടക്കത്തില്ല ഇല്ലെങ്കിൽ അപ്പോഴാണ് നമ്മളെ ദുഃഖത്തിന്റെ വഴിക്കൊക്കെ പോകുന്നത് അദ്വൈത ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ കുറയും എന്താണ് ഒരു മുമ്പുഷു തലയിൽ തീപിടിച്ചതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറയും അതുപോലെ പൊള്ളണന്നുള്ള അർത്ഥത്തിൽ ഇതിനുള്ള നിഷ്ഠയെ സൂചിപ്പിക്കും അതാണ് നേരത്തെ നിഷ്ഠ എന്ന് അത് ദുഃഖത്തിന്റെ സൂചകമല്ല നിഷ്ഠയുടെ സൂചകമാണ് അപ്പൊ ഓരോന്നിനും അവിടെ യത്നം ആവശ്യമാണ് സമാധാനം നിലനിർത്തുന്നതിന് യം വേണം മനസ്സിൽ അതിന് എന്താ സമാധാനം നിലനിർത്തുന്നതിന് എന്താ ദുഃഖത്തിന് അടിവപ്പെടാതെ നോക്കണം ക്ലേശങ്ങൾക്ക് മനസ്സടിമെടാതെ നോക്കണം അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ യത്നം കൊണ്ട് നേടിയെടുക്കണം അതിനുള്ള പ്രവൃത്തികൾ ചെയ്യണം അതിൻ്റെ ആവശ്യമാണ് അതാണ് യത്നം ആവശ്യം സമാധാനം തനിയേ വരുമെന്ന് ഭാഷകാരൻ പറയുന്നില്ല പറയുന്നു അത് ഇതാണ് കൃത്യാദിഷ് ഉത്തരോത്തരേഷ സസ് കൃത്യ ബാക്കിയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സത്യം സ്വയം പ്രതിഭാസീ സത്യം വെളിപ്പെട്ടോളും എന്ന് കരുതി ഇന്നത്തെ വിജ്ഞാനായ പൃഥക് എന്താ കാര്യമാണ് ഇനിയൊന്നും ചെയ്യേണ്ട എന്ന് കരുതരുത് ഓരോന്നിനും അതിൻ്റെതായ വിജ്ഞാനപരിയെന്നുള്ള കാര്യങ്ങൾക്ക് അതാതിൻ്റെ നിലയിലുള്ള യത്നം ആവശ്യമാണ് സുഖത്തിനും ഇതി പ്രാപ്തം കഥാതം ഉച്ചതേ സുഖം ഉപയോഗിച്ച് ഇവിടെ ഈ സുഖം എന്ന് പറയുന്നത് പരമാർത്ഥസുഖെന്ന് പറയുന്നത് സത്യമാണ് ആ പരമാർത്ഥസുഖത്തിനു വേണ്ടി ഉള്ള യജ്ഞം സഹന ആത്മാവ് ആനന്ദ സ്വരൂപമാണ് താൻ ആനന്ദ സ്വരൂപമാണ് ഇനിയിപ്പം എന്താ ആനന്ദത്തെ പ്രാപിക്കാൻ ആത്മാവ് ആനന്ദ സ്വരൂപമാണെങ്കിലും താനിപ്പോൾ ദുഃഖമാണല്ലോ അനുഭവിക്കുന്നത് അപ്പോൾ അവിടെ പ്രാപിക്കേണ്ട ഒരു ആനന്ദമുണ്ട് അതാണ് സമാധാനം യോഗ്യതയായിട്ട് പറയുന്നത് യോഗ്യതയാണ് ശ്രവണാദികളെ പോലെ തന്നെ ആ നിഷ്ഠ ഉള്ളതുപോലെ തന്നെ ഈ യോഗ്യതയിലും നിഷ്ഠ വേണ സുഖത്തിലും എൻ്റെ സുഖം മനസ്സിലാകണം ആ മനസ്സിലാക്കിയ വലിയ സുഖം എന്താണ് ഭൂമ അങ്ങനെ പറഞ്ഞ ആ വലിയ സുഖത്തിലെത്തിക്കുകയാണ് ഈ ചെറിയ സുഖത്തിലൂടെ വലിയ സുഖം ഈ ശ്രവണാദി നിഷ്ഠ അത് അതാണ് സത്വത്തിൽ നിന്ന് ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സത്വത്തിൽ നിന്ന് ജ്ഞാനം സത്വത്തിൽ നിന്ന് സുഖം ജ്ഞാനത്തിൽ നിന്ന് സുഖം എന്നെല്ലാം പറയുന്നത് ഇതിനനുസരിച്ചിട്ടാണ് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന ശ്രമണാദികളിൽ ഒരാൾക്ക് വിവേകം ഉണ്ടാകുമ്പോൾ അയാൾക്ക് സുഖവും ശാന്തിയും ശാന്തിയും അധികച്ചതി എന്നൊക്കെ അതാണ് ഇവിടെ സുഖം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം പറയുന്നു സുഖം ഭഗവത് ഞാൻ അതിന് ശ്രമിക്കാം സമാധാനമായിട്ട് ക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കാം എന്നാ പറയുക ഇനി എന്താണ് പ്രാപിക്കേണ്ടതെന്ന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതൊരു ക്രമത്തിന് പറഞ്ഞിരിക്കുക ഇതിനൊരു ക്രമമുണ്ട് സൂക്ഷ്മമായ ക്രമം പറഞ്ഞപ്പോ അടുത്തു പറയുന്നു യോ വൈ ഭൂമുഖം ഭൂമൈവ സുഖം ഭൂമാനം ഭഗവോ മഹൻ നിരതിശയം ബഹുദി പര്യായ ഭൂമൻ എന്ന് പറയുന്ന ശബ്ദമാണ് നകാരാന്ത ശബ്ദം അത് അപൂർവമായ ശബ്ദമൊന്നുമില്ല മഹത്വന്ന് പറയുന്നത് നിരധിസ്യം എന്ന് പറയാം ബഹു എന്ന് പറയാം പര്യായം ബഹുമാൻ തന്നെ പറയുന്നില്ല മഹത്ത് എന്ന് പറഞ്ഞാൽ യോവൈ മഹത് ഏതാണോ മഹത്തായത് അതാണ് സുഖം അതാണ് നിരധിസയ സുഖം തത്സുഖം തത് അർവാക് സാധിശയത്വ അല്പം അതിന് മുമ്പുള്ളതന്നെ അല്പമാണ് ആ പരമമഹത് അതിനു മുമ്പ് എന്തൊക്കെയുണ്ടോ അതല്ല അതിനുമ്പുള്ള സുഖവും അല്പസുഖമാണ് അത് തസ്മിൻ അൽപേ സുഖം നാസ്തി അതുവരെയുള്ള ഈ അല്പത്തിൽ ഒന്നും സുഖമില്ല ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തുച്ഛമായ ഇതിൽ സുഖമുണ്ട് പക്ഷെ ആ സുഖമില്ല മഹത്സുഖമില്ല വിജ്ഞാനത്തിലൂടെ എത്തിച്ചേരുന്ന ആ സുഖം അതില്ല ഇവിടെ അൽപസ്യ അധിക തൃഷ്ണ ഹേതുക്കുക എന്താ അങ്ങനെ പറയാൻ കാരണം ഇവിടെ നമ്മുടെ അനുഭവത്തിൽ തന്നെ കാണുന്നത് എന്താണ് ഒരു ചെറിയ സുഖം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് വലിയ സുഖ ആഗ്രഹത്തിന് ഹേതുവാകും അത് തന്നെ ഹേതുവാകും ഒരു ചെറിയ സുഖാനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം തന്നെ ഹേതുവാകുന്നു വലിയ ഒരു ഈ വഴിക്ക് ഇതിനും വലിയ സുഖം എത്ര മാത്രം നേടാമെന്ന് ചിന്തിക്കുന്നു ആണ് പറയുന്നത് ഈ ചെറിയ സുഖം ഒരു സുഖമല്ല അതിന് സുഖമൊന്നു പറയാൻ വയ്യ കാരണം അത് വലിയ സുഖത്തിന് ആശിപ്പിക്കുന്നു ഇവിടെ പറയുന്ന വലിയ സുഖത്തെക്കുറിച്ചാണ് തൃഷ്ണാക്ക ദുഃഖബീജം അങ്ങനെ ആ സുഖ ഉപായങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ദുഃഖം വന്നു ചാടും വേണ്ടാത്തത് വന്ന് ചാടും അതാണ് തൃഷ്ണ സുഖ ആശയാണ് തൃഷ്ണ പക്ഷെ അത് ദുഃഖബീജമായിത്തീരുന്നു സുഖ ആശയ്ക്ക് ഹേതുവായ എന്ത് സുഖം തന്നെ ചെറിയൊരു സുഖം കിട്ടിയപ്പോഴാണ് സുഖാശയുണ്ടായത് ഇനിയും വലിയ സുഖം അത് നമ്മൾ തൃഷ്ണ എന്ന് പറയുന്നു പക്ഷെ ഫലത്തിലെവിടെ അത് ദുഃഖത്തെ കൊണ്ടെത്തിച്ചു ണം സുഖാന്വേഷണം സുഖത്തെക്കുറിച്ചുള്ള ആശ അതിനുവരുന്ന ആ സുഖാന്വേഷണം അത് ദുഃഖത്തിലേപ്പിക്കും ഭൗതികാന്വേഷണം ആത്മീയാന്വേഷണത്തെക്കുറിച്ചാണ് പറയുന്നത് സുഖം ദുഷ്ടം ജുരാതി ലോകി ുഃഖത്തിന് ഹേതുവായി തീരുന്ന എന്തോ അതിന് സുഖമെന്ന് പറയാൻ പറ്റത്തില്ല ജ്വരം ദുഃഖത്തെ ഉണ്ടാക്കും പനിയും മറ്റും അസുഖം രോഗമെന്ന് മനസ്സിലാക്കും എന്താ സുഖത്തിന് ഹേതുവാണോ അല്ലല്ലോ അതുപോലെ ദുഃഖത്തിന് ഹേതുവാകുന്നത് അത് സുഖമല്ല അങ്ങനെയാണെങ്കിൽ ഈ അല്പസുഖം അത് വലിയ സുഖത്തിന് ആശയം ഫലത്തിൽ ദുഃഖത്തിൽ ചെന്ന് ചാടി അതുകൊണ്ട് ഈ സുഖം എങ്ങനെ സുഖമാവും അതുകൊണ്ട് പറയുന്നു ഈ സുഖം സർവമേവ വിവേകില വിവേകളെ സംബന്ധിച്ചിടത്തോളം ഈ അൽപസുഖം അതും ദുഃഖ ഹേതുവായതുകൊണ്ട് അതിനെ സുഖമായി കണക്കാക്കുന്നില്ല അതുകൊണ്ടാണ് നിരതിശയ സുഖത്തിന്റെ ഹേതുവിൽ പ്രവർത്തിക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞ പ്രസാധനങ്ങൾ തസ്മാത് യുക്തം നാൽപ്പേ സുഖം വസ്തി അതുകൊണ്ട് ഈ അല്പസുഖ സുഖമല്ല അതിന് സുഖമില്ല പരമമായ സുഖത്തിൽ എത്തിക്കുന്നതേതോ അത് സുഖമായിരിക്കും അതാണ് സാധന എന്താണ് ആ പരമമായ സുഖം അതോ ഭൂമൈവ സുഖം ആ ആ മഹത്താണോ അത് ക്ഷുദ്രമല്ല അല്പമല്ല തൃഷ്ണാദി ദുഃഖ ബീജത്വ അസംഭവ അതെന്തുകൊണ്ട് പരമസുഖം എന്ന് പറയുന്നു അവിടെ തൃഷ്ണയില്ല അല്പസുഖം കൊണ്ട് മനസ്സിൽ ഉയരുന്ന തൃഷ്ണയില്ല ഇനിയും വലിയ സുഖത്തെ പ്രാപിക്കുന്നു എന്നുള്ള ആ തൃഷ്ണ അവിടെയില്ല മറിച്ച് ഇതെല്ലാം അവസാനിച്ച് ആ സുഖേ തൃഷ്ണകളെല്ലാം അവസാനിച്ച് മനസ്സ് ശാന്തമായി മനസ്സ് സ്വസ്ഥമായി മനസിന്റെ സ്ഥിരമായ ശാന്തി നരമായ മഹത്തായ സുഖം ആ സുഖത്തിനുള്ള ഉപായമായിട്ടാണ് പറയുന്നത് ശ്രവണാദി സാധനങ്ങൾ ആ സുഖത്തെ സ്വീകരിക്കുക ആ പരവമായ സുഖം എങ്ങനെയാണ് പറഞ്ഞു നമുക്ക് വിജ്ഞാനം കൊണ്ട് സാധിക്കേണ്ടതാണ് വിജ്ഞാനം വരെ പോകണം വിജ്ഞാനത്തിലെത്തുന്നതുവരെയുള്ള സാധനങ്ങളിലൂടെ സഞ്ചരിക്കും ആ മാർഗം സുഖമുള്ള മാർഗമാണ് അതിലൂടെ ഹുമ ആ സുഖത്തെ പ്രാപിക്കുന്നു അതും നമ്മുടെ സങ്കല്പത്തിനുള്ള സുഖമൊന്നുമല്ല നമ്മുടെ സങ്കല്പത്തിലുള്ള സുഖം ഒരു ചെറിയ സുഖത്തിൽ നിന്നും ഒരു വലിയ സുഖത്തിലേക്ക് അതിൽ വലിയ സുഖത്തിലേക്ക് അങ്ങനെ ഏറ്റക്കുറച്ചുള്ള ഒരു സുഖമാണ് അത് ആ സാധിശയത്തിനുപരിയായിട്ടുള്ള നിർദ്വന്വമായ ഒരു സുഖത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോ എന്താ ശോക മാർഗം എന്നുള്ള വ്യക്തമാക്കി കൊടുക്കുകയാണ് ദുഃഖം നിവൃത്തി തടഞ്ച് ശോകം എന്ന് പറഞ്ഞ് എന്താണെന്നുള്ള വ്യക്തമാക്കുകയാണ് എന്താണ് ഏത് സുഖമാണ് ആ ശോകത്തെ തരണം ചെയ്യിപ്പിക്കുന്നത് അതിനുള്ള വഴി എന്താണ് എന്താണ് ഇവിടുത്തെ ആനന്ദം അത് പറയുകയാണ് ഇനി അതിനെ വിശദീകരിക്കും എന്താണ് അസുഖം ഇനി സുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കാട് കയറാതിരിക്കാൻ വേണ്ടി അതിനടുത്ത് നിർവചിക്കുകയാണ് ആ സുഖത്തെ അത് രീതിയിലാണ് ഇന്ന പശ്യത്തിണോതി സൂമാ അഥയ അന്യത് പശ്യോതി അന്യത് വിജതി തൽപ്പം യോ വൈ ഭൂമ തദമൃതം അഥ യം തദ്മർ സമിപ്രതിഷ്തമഹിമനി മഹിമനി